ം ഇരുപത്തി ഒന്ന് സിതക്കിയ രാജാവ് മൽക്കിയാവിന്റെ മകനായ പശുകൂരിനെയും മയസേയാവിന്റെ മകനായ സെഫന്യ പുരോഹിതനെയും ഇരമ്യാവിന്റെ അടുക്കൽ ബാബേൽ രാജാവായ നെബുഗതനെ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നീ ഞങ്ങൾക്കുവേണ്ടി യഹോവയോട് അപേക്ഷിക്കാനമേ അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തന്റെ സകല അത്ഭുതങ്ങൾക്കും ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ ഇരമ്യാവിന് യഹോവെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ഇരമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ സിദക്കിയവോട് ഇപ്രകാരം പറയണം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു മതിലുകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽതയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിന്റെ നടുവിൽ കൂട്ടും ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള പുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും അവർ മഹാമാരിയാൽ മരിക്കും അതിന്റെ ശേഷം യഹൂദരാജാവായ സിതക്കിയാവേയും അവന്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി വാൾ ക്ഷാമം എന്നിവയ്ക്ക് തെറ്റിയൊഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബുഗതനേസറിന്റെ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കൈയിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും അവനവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിന്റെ വായ്ത്തല കൊണ്ട് യഹോവയുടെ അരുളപ്പാട് നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽതേരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും ഞാൻ ഈ നഗരെ നന്മയ്ക്കല്ല പിന്മയ്ക്കത്ര വച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതിനെ ബാബൽ രാജിൽ എൽ അവനതിനെ തീ വെച്ച് ചുട്ടുക്കളായി യഹൂദ രാജഗ്രഹത്തോട് നീ പറയേണ്ടത് യഹോവയുടെ വചനം കേൾപ്പീൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ പ്രവൃത്തികളുടെ നിമിത്തം എന്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതെയില്ല നിങ്ങൾ കവർച്ചയായി ഭവിച്ചതിന് പീഠകന്റെ കയ്യിൽ നിന്ന് ചെയ്യാൻ താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോബയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം നിങ്ങളെ സന്ദർശിക്കും ഞാൻ അവളുടെ കാട്ടിന് തീവ്ക്കും അതവളുടെ ചുറ്റുമുള്ള സകലത്തെയും ദഹിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്